വിശ്വസിച്ചവരെ നിങ്ങൾക്കു മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും സത്യനിഷേധികളിൽ നിന്നും നിങ്ങളുടെ മതത്തെ പരിഹാസമായും വിനോദമായും കാണുന്നവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുസുബഹാനഹൂവത്ത് അലാ വിന ഭയപ്പെടുവീൻ